ത്യായം പത്തൊൻപത് യഹൂദ രാജാവായ യഹോ ഷഫാത് എരുസലേമിൽ തന്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ ഹനാനിയുടെ മകനായ യഹൂ അവനെ എതിരേറ്റു ചെന്ന് യഹോ രാജാവിനോട് ദുഷ്ടന സഹായം ചെയ്യുന്നത് വിഹിതമോ യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ അതുകൊണ്ട് യഹോവീങ്കൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു എങ്കിലും നീ അശേരാ പ്രതിഷ്ഠകളെ നീക്കിക്കളയുകയും ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സുവെക്കുകയും ചെയ്തതിനാൽ നന്മയും നിന്നിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോഷഫ് യെരുഷലേമിൽ പാർത്തു ബെർഷെബ മുതൽ യഫ്രയിം മലനാടുവരെ ജനത്തിന്റെ ഇടയിൽ വീണ്ടും സഞ്ചരിച്ച് അവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവീങ്കിലേക്ക് അവൻ ദേശത്ത് പട്ടണം തോറും യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും ന്യായാധിപന്മാരെ നിയമിച്ചു നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊൾവീൻ നിങ്ങൾ മനുഷ്യർക്കല്ല യഹോവയ്ക്കു വേണ്ടിയത്ര ന്യായപാലനം ചെയ്യുന്നത് ന്യായപാലനത്തിൽ അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നു ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊൾവീൻ നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ യെരുഷലേമിലും യഹോഷഫാദ് ലേവ്യരിലും പുരോഹിതന്മാരിലും ഇസ്രയേലിന്റെ പ്രതിർഭവനത്തലവന്മാരിലും ചിലരെ യഹോവയുടെ ന്യായപാലനത്തിനായിട്ടും വ്യവഹാരം തീർക്കേണ്ടതിനായിട്ടും നിയമിച്ചു അവർ യെരുഷലേമിൽ മടങ്ങിവന്നു അവൻ അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങൾ യഹോവാഭയത്തോടും വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊള്ളണം അതത് പട്ടണത്തിൽ പാർക്കുന്ന നിങ്ങളുടെ സഹോദരന്മാർ വിവിധ രക്തപാതകങ്ങളെയും ന്യായപ്രമാണത്തെയും കൽപ്പനയേയും ചട്ടങ്ങളെയും വിധികളെയും സംബന്ധിച്ച് ഏതൊരു വ്യവഹാരവും നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നാൽ അവർ യഹോവയോട് അകൃത്യം ചെയ്തിട്ട് നിങ്ങളുടെ മേലും നിങ്ങളുടെ സഹോദരന്മാരുടെ മേലും ക്രോധം വരാതിരിക്കേണ്ടതിന് നിങ്ങളവർക്ക് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കണം നിങ്ങൾ കുറ്റക്കാരാകാതിരിക്കേണ്ടതിന് അങ്ങനെ ചെയ്തുകൊള്ളേ ഇതാ മഹാപുരോഹിതനായ അമരിയാവോ യഹോവയുടെ എല്ലാ കാര്യത്തിലും യഹൂദാഗ്രഹത്തിന്റെ പ്രഭുവായ ഇഷ്മേലിന്റെ മകൻ സബദ്ധ്യാവോ രാജാവിന്റെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് തലവന്മാരായിരിക്കുന്നു ലേബ്യരും ഉദ്യോഗസ്ഥന്മാരായി നിങ്ങൾക്ക് ഉണ്ട് ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചുകൊഴിവിൽ യഹോവ നല്ലവരോടുകൂടെ ഇരിക്കും